അഭിപ്രായ ലേഖനകാരൻ തൻ്റെ ലേഖനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോ താൻ പറയുന്നു എന്താ നമുക്ക് ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ല നമുക്കൊരു പെർമനന്റ് ആയ ഒരു നഗരം ഇവിടെ ഇല്ല അത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവരെ എരിശിലേയും അവരുടെ നഗരമായിട്ടൊക്കെ കാണുകയാണ് എന്നാൽ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് വിശ്വാസികളായവരോട് ഇബ്രാൽ ലേഖനകാരൻ അല്ലെങ്കിൽ പൗലോസ് പറയുന്നത് നമുക്കെന്തില്ല നമുക്കിവിടെ നിലനിൽക്കുന്ന ഒരു പെർമനൻ്റായിട്ടുള്ളൊരു നഗരം നമുക്കിവിടെയില്ല എന്നാണ് പറയുന്നത് എന്താ ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം പ്രിയപ്പെട്ടവര് നമ്മൾ പതിനൊന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പതിനൊന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പല വിശ്വാസവീരന്മാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ അനുഭവങ്ങൾ വായിക്കുമ്പോൾ അവരിൽ പലരും അവർ ഈ ലോകത്താണ് ജീവിച്ചിരുന്നത് പക്ഷേ സ്വന്തം നാട്ടിലാണ് ജീവിച്ചത് അങ്ങനെയൊക്കെ ആണെങ്കിലും അവരാ സ്ഥലത്തെ അവരുടെ നഗരമായിട്ട് കണ്ടിരുന്നില്ല എബ്രാഹിം കരുതിയിലെ അതിന് പതിനൊന്നാമധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യം മുതൽ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസാക്കിനോട് യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു കണ്ടോ ഇവിടെ നമ്മൾ വായിച്ചത് ബ്രായർ പതിമൂന്നിൻ്റെ പതിനാലിൽ നമ്മൾ വായിച്ചത് ഇവിടെ നമുക്കെന്തില്ല ഒരു നഗരമില്ലെന്ന് നമ്മൾ അബ്രഹാമിൻ്റെ കാര്യം പറയുമ്പോൾ അബ്രഹാം എന്താ അബ്രഹാം തൻ്റെ സ്വന്തദേശത്ത് അല്ലെങ്കിൽ താൻ വിളിച്ച് തൻ്റേതായിട്ട് ദൈവം നൽകിയ ആ നാട്ടിൽ അവൻ എന്ത് ചെയ്തു അവൻ കൂടാരത്തിലാണ് പാർത്തത് കൂടാരത്തിലാണ് പാർത്ത കൂടാരത്തിൻ്റെ ടെൻറ്റിൻ്റെ പ്രത്യേകത എന്താ എപ്പോൾ വേണമെങ്കിലും അഴിക്കാം എപ്പോൾ വേണമെങ്കിലും അഴിച്ചുകൊണ്ട് പോകാം നാല് കുറ്റി ഊരിയാൽ മതി അത് ടെൻ്റ് ഇല്ലാതായി കൂടാരമില്ലാതായി കൂടാരത്തിൽ പാർത്തുകൊണ്ട് എന്നുള്ളതിന് അങ്ങനെ ഒരു അങ്ങനെയൊരു സാങ്കത്യം ഉണ്ട് എന്താ അത് കൂടാരത്തിൽ പാർക്കുമ്പോൾ അബ്രഹാമിൻ്റെ നിലപാടെന്താ ഞാനിവിടെ പാർക്കുന്നെങ്കിലും ഇതെന്ത് ഇത് എൻ്റേതല്ല എൻ്റേതല്ല പിന്നെ അബ്രഹാമിൻ്റെ സ്ഥലം ഏതാ അതിനെക്കുറിച്ചാണ് നമ്മളവിടെ വായിച്ചത് താനെന്ത് ചെയ്തു കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു തനിക്കൊരു നഗരത്തെക്കുറിച്ചൊരു പ്രത്യാശയുണ്ട് പക്ഷേ ആ നഗരം ഏതാ ഇതല്ല ഇതല്ല മറിച്ച ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരം ആ അക്കരനാടിനെ കുറിച്ചുള്ള ഒരു സങ്കല്പത്തോടെ താന് നാട്ടിൽ ജീവിച്ചു കണ്ടോ അവിടെ പറയുമ്പോൾ അവിടെ അബ്രഹാം തന്നെയാണോ താമസിച്ചത് അബ്രഹാമിൻ്റെ കൂടെ ആരുണ്ടായിരുന്നു ഇസാഖ് ഉണ്ടായിരുന്നു മകൻ ഉണ്ടായിരുന്നു മകൻ്റെ മകൻ യാക്കോബ് ഉണ്ടായിരുന്നു ഏ ഇസാക്ക് ഈ കൂടെ ഇവരെല്ലാം കൂടെ ചേർന്ന് അവരെല്ലാം എല്ലാം ഇവിടെ ആയിട്ടാണ് താമസിച്ചത് കൂടാരങ്ങളിലാണ് പാർത്തത് ഇത് കാണിക്കുന്നത് സാധാരണ ആളുകൾ അവർക്ക് വലിയൊരു കാഴ്ച ഒരു പക്ഷേ അക്കരനാടിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടെങ്കിലും മക്കൾ വന്നു കൊച്ചുമക്കൾ വന്നു ഒക്കെ ആകുമ്പോഴെന്താ പതുക്കെ പതുക്കെ നമ്മുടെ വേരുകൾ ഈ മണ്ണിലേക്ക് തന്നെ അങ്ങ് ആഴ്ന്നിറങ്ങുന്ന പോലെ ഇവിടെ തന്നെ അങ്ങ് പിള്ളേരുടെ നോക്കി നമ്മുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ഇവിടെ തന്നെ ഒരു വീടുണ്ടാക്കാൻ അബ്രഹാമിന് കഴിയുമായിരുന്നു അബ്രഹാമിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന അവൻ മഹാസമ്പന്നനായിരുന്നു മഹാസമ്പന്നനായിരുന്നു അവൻ ഒത്തിരി വേലക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള അബ്രഹാമിന് തീർച്ചയായിട്ടും ഇവിടെ എന്തല്ല ഒരു കൂടാരമല്ല വലിയൊരു വലിയൊരു വീട് താ ഒരു വലിയ നഗരം കെട്ടിപ്പണിയാമായിരുന്നു ഇതെല്ലാം ഉള്ള സാധ്യതയുണ്ടായിട്ടും അബ്രഹാം എന്ത് ചെയ്തു അബ്രഹാം അവിടെ താൻ കൂടാരത്തിൽ പാർത്തു ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരം അതിനായിട്ട് കാത്തിരുന്നു പ്രിയപ്പെട്ടവരെ ഈ കാര്യം കാണിക്കുന്നത് നമ്മൾ എബ്രാഹർ പതിമൂന്നിൽ നിന്നാണല്ലോ ഇവിടേക്ക് വന്നത് അത് കാണിക്കുന്നത് ഇവിടെ നമുക്കെന്തില്ല ഈ കാര്യം പറഞ്ഞിട്ട് പതിമൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എബ്രാഹ്ലേഹനകരം പറയാൻ പറയുന്നത് ഇവിടെ നമുക്കൊരു നഗരമില്ല നമ്മൾ പിന്നെ എന്താ വരുവാനുള്ളത് വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത് പിന്നെയും പലരുടെ കാര്യങ്ങൾ നമ്മൾ പതിനൊന്നാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് പതിനൊന്നാം അധ്യായം പല വിശ്വാസവീരന്മാരുടെ അനുഭവങ്ങളാണല്ലോ പറയുന്നത് അതിൻ്റെ പതിമൂന്നിലേക്ക് വരുമ്പോൾ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പം നമ്മൾ പിന്നെയും കാണുന്നു ഇവരെല്ലാവരും പലരുടെ കാര്യം പറഞ്ഞിട്ട് പറയുന്നു ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ വാഗ്ദത്ത നിവൃത്തിയെന്ന് പറഞ്ഞാൽ എന്താ ആ ദേശമാണ് അവർക്ക് കൊടുത്തേക്കുന്നത് അവരുടെ വാഗ്ദാനം ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം പാലും തേനും ഒഴുകുന്ന ദേശം എന്ന് പറഞ്ഞൊരു വാഗ്ദാനം കിട്ടിയ ദേശമാണ് ഈ ഭൂമിയിലെ അവരുടെ നാട് പക്ഷെ ആ വാഗ്ദത്വം കിട്ടിയ ദേശത്തെ പോലും അവർ സ്വന്തം നാടായിട്ട് കാണാതെ അതിലൊരു വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ഏഹ് വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ അവരെ ദൂരത്തുനിന്ന് അത് അത് കണ്ട അഭിനന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു വിശ്വാസത്തിൽ മരിച്ചു ഈ ഭൂമിയിൽ തങ്ങളാര അന്യരും പരദേശികളും കണ്ടോ നല്ലൊരു പ്രയോഗം ഫോറിനേഴ്സ് ആൻഡ് റെഫ്യൂജീസ് ഫോറിനർ ഈ നാട്ടിലാണ് താമസിക്കുന്നത് സ്വന്തം നാട്ടിലാ ഭൂമിയിലാണ് താമസിക്കുന്നത് പക്ഷേ മനോഭാവം എന്താ ഐ ആം എ ഫോറിനർ ഞാൻ ഒരു പ്രവാസിയാണ് ഞാൻ ഈ നാട്ടുകാരനല്ല നമ്മൾ നമ്മൾ ചിലപ്പോൾ പറയല്ലോ നമ്മൾ ചിലപ്പോൾ ഓരോ പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ പറയല്ലോ നമ്മളീ നാട്ടുകാരനല്ലെന്ന് പറയും ഞാൻ ചിലപ്പോൾ അങ്ങനെ പറയാനുള്ളൂ നമ്മളീ നാട്ടുകാരനല്ല ഏ അപ്പം ശരിയായ ഒരു അർത്ഥത്തിൽ നമ്മളങ്ങനെ പറയണമെന്നാണ് ഇവിടെ ഈ പറയുന്നത് നമ്മളെന്താ പറയേണ്ടത് നമ്മളീ നാട്ടുകാരല്ല നമ്മളീ നാട്ടുകാരല്ല നമ്മളിവിടെ എന്താ ഒരു ഫോറിനറാണ് ഫോറിനറാണ് ഒരു സായിപ്പ് ഇവിടെ വന്ന് ഇതിലെയൊക്കെ നടക്കുന്നുണ്ട് പടമൊക്കെ എടുത്ത് ക്യാമറ ഈ പടമൊക്കെ എടുത്ത് ഇതിലെയൊക്കെ ചിരിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിലും സായിപ്പിൻ്റെ സായിപ്പിനോട് ചോദിച്ചാൽ സായിപ്പ് എന്താ പറയുക ഞാനൊരു ടൂറിസ്റ്റായിട്ട് ഇവിടെ വന്നേ ഉള്ളൂ ടൂറിസ്റ്റാണ് ഒരു ഫോറിനറാണ് മറ്റേ കണ്ടോ അന്യരും പരദേശികളും രണ്ടാമതെന്താ റെഫ്യൂജി റെഫ്യൂജി എന്ന് പറഞ്ഞാൽ എന്താ അഭയാർത്തി അഭയാർത്തി ഇവിടെ അഭയാർത്തി ഈ ബംഗ്ലാദേശി എന്നൊക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ അവരെന്ത് ചെയ്യും അവരുടെ നാട്ടിൽ സ്വസ്ഥതയായി കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും അവർ തിരിച്ചു പോകും അഭയാർത്ഥിയാണ് അഭയാർത്ഥി റെഫ്യൂജി എന്നുള്ള പദം കാണിക്കുന്നത് അവരും ഇവിടെ എന്തല്ല അവർക്കിവിടെയും വേരുകളില്ല ഇവിടെയാണ് താമസം പക്ഷേ ഇവിടെ ഒരു അന്യരും പരദേശികളും അന്യരും പരദേശികളും ഇതൊരു മനോഭാവമാണ് കണ്ടോ ഇവിടെ നമ്മൾ നോക്കുക അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞു കൊണ്ട് അവർ ഒടുവിൽ എന്ത് ചെയ്തു അവരിവിടെ അങ്ങ് മരിച്ചു മരിക്കുന്നവരെ അവർക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ഈ ഒരു മനോഭാവം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് എന്നിട്ട് പിന്നെ ആ ഭാഗങ്ങൾ വിശദീകരിക്കുക ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു അവരെ എന്താ ഇങ്ങനെ പറയുന്നവർ തങ്ങൾ വേറെ ഏതോ ഒരു വേറെ ഏതോ ദേശം അന്വേഷിക്കുന്നു എന്തായിരുന്നു ഈ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോവിൻ്റെയും ഒക്കെ നിലപാടെന്തായിരുന്നു അവരെ ദൈവം വിളിച്ചപ്പോൾ ഈ ഭൂമിയിൽ അവർ പല കാര്യങ്ങൾ ചെയ്തു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവർക്ക് അവർക്ക് ഭാര്യമാര്യ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂടാരങ്ങൾ ഉണ്ടായിരുന്നു യാഗം കഴിച്ചു യുദ്ധങ്ങൾ ചെയ്തു പല കാര്യങ്ങൾ ചെയ്തു പക്ഷേ അപ്പോഴൊക്കെ ആന്തരികമായിട്ട് അവരുടെ ഒരു നിലപാടെന്താ ഞങ്ങൾക്ക് വേറൊരു പിതൃദേശമുണ്ട് അതായത് ദൈവം അരളി ഒരു ദേശമുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മളോടും ഈ വാക്യം എന്താ പറയുന്നത് നമ്മളും എന്തായിരിക്കണം നമ്മളും ഇവിടെ ജീവിക്കുന്നത് പക്ഷേ നമ്മളെന്താ നമുക്ക് ആന്തരികമായിട്ട് ഒരു ബോധ്യം ഉണ്ടായിരിക്കണം ഇവിടെ ഉള്ള ഒത്തിരി കാര്യങ്ങളിലല്ല ഇവിടെ അല്ല നമ്മുടെ ജീവൻ കിടക്കുന്നു ചിലർ പറയല് അവൻ്റെ ജീവൻ ഇവിടെ കിടന്നത് അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് നമ്മുടെ ജീവൻ എവിടെ ആയിരിക്കണം നമ്മുടെ ജീവൻ ഇവിടെ അല്ല നമ്മുടെ ജീവൻ ഇവിടെ തന്നെ കിടക്കുന്നത് ഇല്ലയോ എന്ന് എങ്ങനെ അറിയും നമ്മൾ വലുതായിട്ട് കാണുന്ന ചിലതയിലൊക്കെ ഒന്ന് തൊടുമ്പോഴാണ് നമുക്കറിയുന്നത് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു വണ്ടിയുടെ ഒരു ഡോറ് തുറന്ന് ഇങ്ങനെ ഇരുന്ന് ഏതാണ്ട് എഴുതിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു ബൈ ഏതാണ്ട് ഒരു ശബ്ദം കേട്ട് ഞാൻ നോക്കിയപ്പോൾ എന്താ ഒരു ബൈക്ക് ഞാൻ ഇതേലിടിച്ചേച്ച് പോകുകയോ ഉടനെ ഞാൻ വിചാരിക്കുമോ ആ ഇറങ്ങി വല്ലോ പറ്റുമോ നോക്കണം അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു പറ്റിയാലെന്തോ പറ്റിയില്ലേലെന്താ പ്രിയപ്പെട്ടവർ പെട്ടെന്ന് അങ്ങനൊരു ഏതാ നമ്മുടെ സാധനം എൻ്റെ സാധനം എൻ്റെ വീട് എൻ്റെ കാറ് എൻ്റേത് എൻ്റേത് മൈൻ മൈൻഡ് എൻ്റേത് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിലുള്ള ഒരു കാര്യമാണ് നമ്മളിൽ ഒത്തിരി നമ്മൾ വിചാരിക്കുന്നതിലേറെ നമ്മൾ ഈ ജീവിതത്തെ മുറുകെ പിടിച്ചിട്ടുണ്ട് രണ്ട് കൈകൊണ്ടും പിടിച്ചിരിക്കുക എൻ്റേത് എന്നാൽ എന്താ എന്നാൽ ഇവിടെ ഇത് കാണുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു പിതൃദേശം അന്വേഷിക്കുന്നവരാണ് ഇവിടെ ജീവിക്കുന്നതെങ്കിലും ഇവിടുത്തുകാരല്ല എന്നുള്ള നിലയിൽ ജീവിക്കണം അത് പെട്ടെന്നങ്ങനെ വരികയില്ല പെട്ടെന്നങ്ങനെ വരികയില്ല നമുക്ക് നമ്മൾ നിരന്തരം നമ്മൾ നിരന്തരം ഇവിടെ ഇതാ അവർ പറഞ്ഞും അവരെ എങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ട് അന്യരും പരിദേശങ്ങളിലും ഏറ്റു പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയാലേ നമുക്ക് പതുക്കെ പതുക്കെ ഈ ലോകത്തോടുള്ള നമ്മുടെ ഒരു പറ്റുമാനം കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞ് നമുക്ക് ആ പിതൃദേശത്തേക്ക് കൂടുതലൊരു അടുപ്പമുണ്ടായും തീരുകയുള്ളു ഇവര് തങ്ങളെ തന്നെ അന്യരും പരിദേശികളും ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ നാട്ടുകാരല്ല നമ്മളിതല്ല അങ്ങനെ പറഞ്ഞ് അവരെ ഒരു പിതൃദേശം അന്വേഷിക്കുന്നവരായി നിന്നു എന്നാണ് ഇവിടെ കാണുന്നത് എന്നിട്ട് പിന്നെ പതിനഞ്ചാം വാക്യത്തിൽ പറയുക അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകാനിടയുണ്ടായിരുന്നല്ലോ വിട്ടുപോകുന്നതിനെ ഓർത്തെങ്കിൽ മടങ്ങിപ്പോകാനിടയുണ്ടായിരുന്നല്ലോ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു വിട്ടുപോകുന്നതിനെ ഓർത്തു അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം അധ്യായത്തെയും നമ്മളത് കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതാം അധ്യായം അവിടെ അബ്രഹാമിൻ്റെ കൂടെ വന്ന ലോത്തിനെയും കുടുംബത്തെയും ദൂതന്മാരെന്തു ചെയ്തു അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നു ഇറക്കിക്കൊണ്ടു വന്നപ്പം പത്തൊൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്താറി വന്നപ്പം ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി എന്ത് സംഭവിച്ചു ഉപ്പുതൂണായി ഭവിച്ചു ഇവിടെ ഇതാ ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതിൻ്റെ ഇരുപത്താറാണ് നമ്മൾ വായിച്ചത് പതിനൊന്നിലേക്ക് വരുമ്പോൾ എബ്രായർ പതിനൊന്നിലേക്ക് വരുമ്പോൾ എന്താണ് അവരെ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ ഒരുപക്ഷെ തിരിഞ്ഞു നോക്കിയാൽ എല്ലാവരും ലോകത്തിൻ്റെ ഭാര്യയെപ്പോലെ ഉപ്പുതൂണായെന്ന് വരികയില്ല പക്ഷേ അവരെ തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ അവരെ മടങ്ങിപ്പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു നമ്മളുമൊക്കെ നമ്മളും ഒക്കെ ഓരോരുത്തർത്തും നിന്ന് ഇറങ്ങി പുറപ്പെട്ടാണ് ഇവിടെ എത്തിയതല്ലേ അല്ലേ നമ്മൾ പിതൃദേശമെന്ന് പറയുമ്പോൾ നമ്മളായിരുന്ന കുടുംബപശ്ചാത്തലം നമ്മളായിരുന്ന ചില ചില സാമൂഹ്യ ബന്ധങ്ങൾ ചില ജാതിപരമായ ചില ചട്ടക്കൂടുകൾ അതൊക്കെ വിട്ടാണ് ദൈവത്തിനായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ നമ്മളിറങ്ങി സഞ്ചരിച്ച് സഞ്ചരിച്ച് ഇവിടെ വരെ എത്തി ഇവിടെ വരെ എത്തി ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഈ കാര്യത്തെ ഒരു ഗൗരവമായിട്ട് എടുക്കുന്നതല്ല നമ്മൾ വിട്ടുപോകുന്നതിനെ എന്തു ചെയ്യരുത് കൂടെ കൂടെ ഓർത്തുകൊണ്ടിരിക്കരുത് ഓർത്തുകൊണ്ടിരുന്നാലൊരു അപകടമുണ്ട് വിട്ടുപോകുന്നതിനെ ഓർത്താൽ മടങ്ങിപ്പോകും വിട്ടുപോകുന്നതിനെ ഓർത്താൽ തിരിഞ്ഞു നോക്കും തിരിഞ്ഞു നോക്കിയാൽ എന്തോ പറ്റൂ ഉപ്പുതൂണാകും തിരിച്ചങ്ങ് ചെന്നില്ലായിരിക്കും നിൽക്കുന്നിടത്തായിരിക്കും നിൽക്കുന്നത് പക്ഷേ ഒരു ഉപ്പുതൂണുപോലെ നമ്മളിവിടെ തന്നെ സി എഫ് സി തന്നെ ആയിരിക്കും നിൽക്കുന്നത് പക്ഷെ തിരിഞ്ഞു നോക്കി എന്നാലും അതൊക്കെ എത്ര നല്ലതായിരുന്നു ഞാൻ വിട്ടുപോകുന്നത് വിടാതെ അവിടെ ഇരുന്നതെങ്കിൽ അതുണ്ടായിരുന്നേന് ഇതുണ്ടായിരുന്നേന് ഏഹ് അവരിപ്പോൾ പിന്നെ അതിന് വിളിച്ചതിനേ മരുന്നു ഇത് വിളിച്ചതിനേ മായിരുന്നു എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ആ വിട്ടുപോകുന്നതിനെ തിരിഞ്ഞ് നോക്കിയാൽ നമ്മൾ ഒരുപക്ഷെ തിരിച്ചങ്ങ് പോയില്ലെങ്കിലും ഇവിടെ തന്നെ നിൽക്കുന്നതെങ്കിലും നമ്മളൊരു ഉപ്പുതൂണായിപ്പോ ഉപ്പുതൂണിന് ജീവനുണ്ടോ ഉപ്പുതൂണ്ടെ കൊണ്ട് വല്ല പ്രയോജനവും ഇല്ല ഓ ആ ഉപ്പുതൂണായിട്ട് ഏഹ് അനേകരുടെ വഴി മെനക്കെടുത്തി അങ്ങ് നിന്നു പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് വിട്ടുപോകുന്നതിനെ ഓർക്കണ്ട ഓർത്തെങ്കിൽ മടങ്ങി പോകാനായിട്ട് ഇടയുണ്ടല്ലോ ഇതെല്ലാം നമ്മളോടുള്ള മുന്നറിയിപ്പുകളാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്തിനാണ് ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ഇതെല്ലാം നമ്മൾ പിന്നെയും പിന്നെയും ഈ കാര്യങ്ങൾ ഉറപ്പ് കിട്ടാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ ഒക്കെ ദൈവം വിളിച്ചിറക്കി ഇവിടെ വരെ കൊണ്ടുപോകും ഇവിടെ കൊണ്ടുപോകും വിട്ടുപോകുന്നതിനെ നമ്മൾ തിരിഞ്ഞു നോക്കി അതിലേക്ക് പോയാൽ നമ്മൾ ഫലത്തിൽ ജീവനില്ലാതായിപ്പോകും അല്ലെങ്കിൽ നമ്മൾ മടങ്ങിപ്പോകും ഇവിടെ തന്നെ വന്നിട്ടുള്ള എത്രയോ പേര് പല ആളുകൾ പല സാഹചര്യങ്ങളിൽ എത്ര തെറ്റായ ഒരു സാക്ഷ്യം നൽകി ചിലർ വിട്ടുപോയി ചിലർ വീണ്ടും മടങ്ങിപ്പോയി മടങ്ങിപ്പോയി അവരെയൊക്കെ ഓർക്കുമ്പം സത്യത്തെ ഈ ലോകത്തിൻ്റെ ഭാര്യ ഓർക്കുന്ന പോലെ ഉപ്പുതൂണ്ല്ലേ അവരെ ലോകത്തിന് മുഴുവനൊരു ഒരു എതിർ സാക്ഷ്യം നൽകിക്കൊണ്ട് നിൽക്കുക ആരും എന്തു ചെയ്യല്ലേ എന്നെപ്പോലാകല്ലേ ഇപ്പം ലോകത്തിൻ്റെ ഭാര്യയുടെ ഭാര്യ ഉപ്പുതൂണായിട്ട് നിൽക്കുന്ന ആ ഉപ്പുതൂൺ വാക്കും ഭാഷണവും കൂടാതെ ഇത് കാണാൻ വരുന്ന ആളുകളോടൊക്കെ എന്തുവാ പറയുന്നത് ആരും എന്നെപ്പോലായി പോവല്ലേ തിരിഞ്ഞു നോക്കിയാൽ എന്തായി പോകുമേ ഉപ്പുതൂണായി പോവുമേ ദൈവം വിളിച്ചതിലേക്ക് തന്നെ പോണേ എന്നുള്ള ഒരു സാക്ഷ്യമാണ് ഈ ഉപ്പുതൂൺ നൽകുന്നത് എന്ന് പറഞ്ഞതുപോലെ വിട്ടുപോയി മടങ്ങിപ്പോയ ആളുകൾ അവരറിയുന്നില്ലെങ്കിലും അവർ വാക്കുഭാഷണവും കൂടാതെ ഈ ഈ കാര്യത്തിനായിട്ട് ഇറങ്ങിയവർക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ് എന്താ മുന്നറിയിപ്പ് എന്നെപ്പോലാകല്ലേ എന്നെപ്പോലാകല്ലേ പ്രിയപ്പെട്ടവരെ ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ ഇത് പറയുന്നത് നമ്മൾ നാളെ നമുക്കിത് സംഭവിച്ച് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു എതിർ സാക്ഷ്യമായി മാറരുത് മറിച്ച് ആ ഇവിടെ ഇപ്പോൾ അബ്രഹാമിനെക്കുറിച്ച് വായിച്ചതുപോലെ ഇസാക്കിനെ കുറിച്ച് വായിച്ചതുപോലെ യാക്കുവിനെക്കുറിച്ച് വായിച്ചതുപോലെ അവരെ വിട്ടുപോകുന്നതിനെ ഓർത്ത് മടങ്ങിപ്പോകാതെ അവരെന്ത് ചെയ്തു അവർ മുന്നോട്ട് പോയി എന്ന് കാണുന്ന പോലെ ഒരു നല്ല സാക്ഷ്യമായിട്ട് നമ്മൾ ആയിരിക്കണം ഇവിടെ എബ്രാഹർ പതിനൊന്നിലേക്ക് മടങ്ങി വരുമ്പോൾ ഇവിടെ ഇതാ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങി പോകുവാനിടയുണ്ടായിരുന്നുവല്ലോ അവരോ ആരെ ആ ആ ദേശം അതിനെ ഓർക്കാതിരുന്നവർ അവർ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു അവരെങ്ങനെ മടങ്ങിപ്പോകാതിരുന്നത് അവർ കാക്ഷിച്ചതും നോക്കിപ്പാർത്തതും സ്വർഗീയമായതിനെ ആയിരുന്നു ഈ എർത്തലിയായ കാര്യത്തെ അല്ലായിരുന്നു സ്വർഗീയമായ കാര്യത്തിലായിരുന്നു ഏ അവരൊരു സ്വർഗത്തിൻ്റെ ഒരു മനോഭാവമുള്ളവരായിട്ട് ഈ ഭൂമിയിൽ നടന്നു ഈ ഭൂമിയിലാണ് അവരുടെ നടപ്പ് പക്ഷെ അവരെന്താ അവർ പറഞ്ഞു ഞങ്ങളിവിടെ അന്യരും പരദേശികളുമാണ് ഞങ്ങൾ മറ്റൊരു പിതൃദേശം ഞങ്ങൾക്കുണ്ട് എന്നുള്ള നിലയിൽ അവർ നിന്നിരുന്നു അടുത്ത വാക്യം കൂടെ അവരങ്ങനെ നിന്നതുകൊണ്ട് ആകെയാൽ കണ്ടോ ഒരു ഘടകപഥം കൊണ്ട് ഇതിനെ തമ്മിൽ കടുപ്പിച്ചിരിക്കുക ഇവർ സ്വർഗീയമായതിനെ കാക്ഷിച്ചിരുന്നു ആകെയാൽ അതുകൊണ്ട് ദൈവം എന്തു ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല ദൈവം തന്നെക്കുറിച്ച് തന്നെ ഇന്നാരടെ ദൈവം എന്നങ്ങ് പറയുക പറയാ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പേരവിടെ വെച്ചിട്ട് ഇന്നാരടെ ദൈവം എന്ന് ദൈവം തന്നെക്കുറിച്ച് തന്നെ പറയുമോ പറയണമെങ്കിൽ എന്ത് വേണം നമ്മൾ പിതൃദേശം അന്വേഷിക്കുന്നവരായിട്ട് ആയിരിക്കണം വിട്ടു പോകുന്നതിലേക്ക് മടങ്ങിപ്പോകാതെ നിന്നാലേ എന്ത് പറ്റുകയുള്ളൂ ദൈവം തന്നെ തന്നെ ഇവരുടെ കെയ്റോഫിൽ പരിചയപ്പെടുത്തുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവം ദൈവം ചിലയിടത്ത് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയല്ലേ അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവം ആകുന്നു ഞാൻ ദൈവം അങ്ങനെ വിളിപ്പാൻ തന്നെ തന്നെ അങ്ങനെ വിളിപ്പാൻ എന്ത് ചെയ്തില്ല ലജ്ജിച്ചില്ല ലജ്ജിച്ചില്ല ഇത് അവർക്ക് വേണ്ടി മാത്രമുള്ളൊരു കാര്യമാണോ നമ്മളെ സംബന്ധിച്ച് നാളെ ദൈവം നമ്മുടെ ദൈവം എന്ന് പറയാൻ ലജ്ജിക്കരുത് ലജ്ജിക്കരുത് ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല അവൻ അവർക്കായിട്ട് ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ അവർക്കായിട്ടൊരു നഗരം ഒരുക്കിയിരിക്കുന്നു ആർക്കായിട്ട് പതിമൂന്നിൻ്റെ പതിനാലില് ഉള്ള ആളുകൾക്ക് വേണ്ടി പതിമൂന്നിൻ്റെ പതിനാലിൽ എന്താ പറയുന്നത് ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല വരുവാനുള്ളത് അന്വേഷിക്കുന്നവർ അവർക്കായിട്ട് ദൈവം എന്ത് ചെയ്യുന്നു ഒരു നഗരം മുകളിൽ ഒരുക്കുന്നു ഇവിടെ ഒരു പെർമനൻറ്റ് സിറ്റി ഇല്ല എന്ന് പറയുന്നവർക്ക് ദൈവം ഒരു പെർമനൻറ്റ് സിറ്റി ഒരുക്കുന്നു ഇതൊക്കെ നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പലയിടത്തും നമ്മൾ പറയാറുണ്ടല്ലോ നമ്മുടെ പൗരത്വം ഇവിടെ അല്ല നമ്മുടെ പൗരത്വം ഇവിടെയല്ല പൗരത്വം ഇവിടെയല്ല ഫിലിപ്പർ കെഴുതി ലേഖനത്തിലാണ് നമ്മൾ ആ വാക്യം കാണുന്നത് ഫിലിപ്പിയർ കെഴുതി ലേഖനം അതിൻ്റെ മൂന്നാമധ്യായം മൂന്നാമത്തെ നമ്മൾ വരുമ്പോൾ അതിൻ്റെ ഇരുപതാമത്തെ വാക്യം മൂന്നിൻ്റെ ഇരുപതാമത്തെ വാക്യം ഫിലിപ്പിയൻ മൂന്നിൻ്റെ ഇരുപത് ഇതേ കാര്യമാണ് അവിടെ പറയുന്നത് നമ്മുടെ പൗരത്വമോ നമ്മുടെ സിറ്റിസൺഷിപ്പ് നമ്മുടെ പൗരത്വം നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഫിലിപ്പ്യർക്ക് ഫിലിപ്പ്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പ്യരോട് പറയുക നമ്മുടെ പൗരത്വം എവിടെ നമ്മുടെ പൗരത്വവും സ്വർഗത്തിലാകുന്നു ഇത് പറയുന്ന ആ പശ്ചാത്തലം കണ്ടോ അതിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യത്തോട് ചേർത്താണ് നമ്മുടെ പൗരത്വവും അപ്പോൾ വേറെ ആരാണ്ടര പൗരത്വവും ഇവിടെ ഈ ഭൂമിയിലാണ് അത് ആ പതിനെട്ട് വാക്യങ്ങളെ നമുക്ക് കാണാൻ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു അവരുടെ അവസാന നാശം അവരുടെ ദൈവം വയറ് ലജ്ജിയായതിൽ അവർക്ക് മാനം തോന്നുന്നു അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു നമ്മുടെ പൗരത്വം അപ്പം വേറെ ഒരു കൂട്ടരുടെ കാര്യം പറഞ്ഞിട്ടാണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് പറയുന്നത് വേറെ ഒരു കൂട്ടരുടെ കാര്യം എന്താ പറയുന്നത് അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു അവരുടെ ദൈവം വയറ് ലജ്ജിയായതിൽ അവർക്ക് മാനം തോന്നുന്നു അവരുടെ അവസാന നാശം ഇതാരെ കുറിച്ചായി പറയുന്നത് പ്രിയപ്പെട്ടവര് നമ്മൾ ആ പശ്ചാത്തലം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ ഈ പൗലോസ് ഫിലിപ്പിയർ ഫിലിപ്പിയർക്ക് ഫിലിപ്പിയരോട് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ പലരും വിശ്വാസത്തിൽ വന്നു ആ വന്ന കൂട്ടത്തിൽ രണ്ട് തരം ആളുകളുണ്ടായിരുന്നു രണ്ടുതരം ആളുകൾ ഒരു തരം ആളുകൾ എന്താ ഒരു തരം ആളുകൾ അവർ യഹൂദാ മതത്തിൽ നിന്ന് വന്നവരാണ് യഹൂദാ മതത്തിൽ നിന്ന് വന്ന് രണ്ടാമത്തെ ആളുകളോ രണ്ടാമത്തെ ആളുകൾ ജാതിയിൽ നിന്ന് വന്നവരാ യഹൂദാ മതത്തിൽ നിന്നല്ലാതെ മറ്റ് ജാതികളിൽ നിന്ന് വന്നവരാ ഈ ജാതികളിൽ വന്ന ആളുകൾ പ്രത്യേകിച്ചും ഫിലിപ്പിയ എന്ന് പറയുന്ന പട്ടണത്തിൽ ജാതികളിൽ നിന്ന് വന്ന ആളുകളെ അവർക്കൊരു പ്രത്യേകത അവരെ എപ്പിക്യൂരിയൻസ് ആയിരുന്നു ഏഹ് ആ പശ്ചാത്തലം അങ്ങനെയാണ് പറയുന്നത് എപ്പിക്യൂരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ എപ്പിക്യൂരിയൻ എപ്പിക്യൂരിയൻ എന്താ അതൊരു പ്രത്യേക ചിന്തയാണ് അവരുടെ ചിന്ത എന്താ അവരുടെ ചിന്ത ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പം ഇവിടെ ഇവിടെ അങ്ങ് സുഖമായിട്ട് ജീവിക്കണം ഇവിടെ നല്ലതുപോലെ വല്ലതും കഴിച്ച് നല്ലതുപോലെ വല്ലതും കുടിച്ച് നല്ല സുഖമായിട്ട് ഈ ലോകമേ ഉള്ളൂ തിന്നുക കുടിക്കുക ആനന്ദിക്കുക നാളെ ചാകുമല്ലോ എന്ന് പൗലോസ് ഇവരെക്കുറിച്ച് ഈ എപ്പിക്യൂരിയൻസിനെക്കുറിച്ച് വേറെ ഇടത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ എപ്പിക്യൂരിയൻസ് പിടിച്ചിരുന്ന തത്വശാസ്ത്രം എന്തായിരുന്നു ഫിലോസഫി എന്തായിരുന്നു ഈ ലോകത്ത് സുഖമായിട്ട് ജീവിക്കണം തിന്നുക കുടിക്കുക ആനന്ദിക്കുക നാളെ എന്താ നാളെ ചാകും ചാകുന്നൊന്നെ അന്നേരത്തെ കാര്യം ഏതായാലും ഇന്ന് ജീവിച്ചിരിക്കുന്നിടത്തോളം സുഖമായിട്ടും സന്തോഷമായിട്ടും തിന്നും കുടിച്ചും മദ്യപിച്ചും ആഹ്ലാദിച്ചും അങ്ങ് ജീവിക്കണം ഇതായിരുന്നു എപ്പിക്യൂരിയൻ മതം ഈ എപ്പിക്യൂരിയനിൽ നിന്നാണ് കുറേ പേര് എന്ത് വന്നത് ഈ ഫിലിപ്പിയ ഫിലിപ്പിയ സഭയിലേക്ക് വന്നത് അതുകൊണ്ട് പൗലോസ് അവർക്കൊരു മുന്നറിയിപ്പ് നൽകുക നിങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോണം നിങ്ങളെന്തായിരുന്നു നിങ്ങൾ നിങ്ങൾ ആ പഴയ പഴയ ആ ഒരു ഹാങ് നിന്നാൽ അല്ലെ ആത്മീയതയുടെ ആ തീക്ഷ്ണത കുറഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടും പോകും നിങ്ങൾ പഴയ ആ എപ്പിക്യൂരിയൻ ചിന്തയിലേക്ക് മടങ്ങിപ്പോകും മടങ്ങിപ്പോയാൽ എന്തോ പറ്റും തിന്നിയാ കുടിക്ക് ആനന്ദിക്കുക ഇവിടെയൊക്കെയുള്ള സുഖം മതി അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് നിങ്ങൾ പോകും അവരെക്കുറിച്ച് പറഞ്ഞ് കണ്ടോ അവരുടെ ദൈവം വയറ് ഏ ബ്രദർ പറഞ്ഞപോലെ ഇന്നും ചില ആളുകളങ്ങനെ ഉണ്ട് ചില ആളുകളെ നമ്മൾ പരിചയപ്പെടുമ്പം സത്യത്തിൽ അവരുടെ ദൈവം ആരാ അവരുടെ ദൈവം വയറാണ് അവരുടെ ദൈവം വയറ് ലജ്ജ ആയതിൽ അവർക്ക് മാനം തോന്നുന്നു അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു ഇന്ന് എപ്പിക്യൂരിയൻസ് എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു ഒരു ഫിലോസഫി ആ നിലയിലില്ല പക്ഷേ ആ എപ്പിക്യൂരിയൻ ചിന്ത എന്തുണ്ട് അതിൻ്റെ സ്വാധീനം ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും പല ആളുകളും അവരുടെ ജീവിതം അവരിവിടെ ഇവിടെ കൊണ്ട് അങ്ങ് തീർക്കുമെന്ന് അങ്ങ് വെച്ചിരിക്കുക നാളെ ചാകും അതിനെന്താ അതുവരെ എന്തോ വേണം തിന്നും കുടിച്ചും ആഹ്ലാദിച്ചും ഈ ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചും അതിൻ്റെ ഒരു മനസ്സാക്ഷി കുത്തില്ലാതെ ഇതിൻ്റെ അകത്തെല്ലാം ഈ സുഖങ്ങളിലെല്ലാം അങ്ങ് ഇൻ്റലിജ് ചെയ്തു അതിലങ്ങ് ആണ്ടുമുഴുകയും ജീവിക്കണം എന്നുള്ളതാണ് ഈ എപ്പിക്യൂരൻ ചിന്ത അപ്പോൾ പൗലോസ് ആ എപ്പിക്യൂരൻ ചിന്തയെക്കുറിച്ച് പറഞ്ഞിട്ടാണ് അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ വിശ്വാസത്തെ നിൽക്കേണ്ടിയ നിൽക്കുന്ന നമ്മളെന്ത് വേണം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു നമ്മളിവിടെ അന്യരും പരദേശികളുമാണ് എന്ന് തന്നെ ചിന്തിക്കണം ഞാൻ പറഞ്ഞല്ലോ എ പി കുര്യൻ ആ ജാതികൾ മാത്രമല്ല പിന്നെ ആര് വന്നു പിന്നെ യഹൂദാ മതത്തിൽ നിന്ന് ചിലർ വന്നു യൂതാ മതത്തിൽ നിന്ന് വിശ്വാസികളായി വന്നു അവരുമെന്താ അവരെക്കുറിച്ച് ഈ ഫിലിപ്പിൻ ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ അവരെക്കുറിച്ചും പൗലോസ് ഒരു മുന്നറിയിപ്പ് പറയുന്നുണ്ട് എനിക്ക് ഈ കാര്യം നിങ്ങളോട് പിന്നെ എഴുതുന്ന മടുപ്പൊന്നുമില്ല നായ്ക്കളെ സൂക്ഷിച്ചു കൊള്ളുകയും വേലക്കാരെ സൂക്ഷിപ്പേൻ വിഛേദനക്കാരെ സൂക്ഷിപ്പേൻ നാമല്ലോ പരിച്ഛേദനക്കാർ ഇതാരെ കുറിച്ചാണ് ഈ രണ്ടാമത്തെ വാക്യം ആരെക്കുറിച്ചാണ് പറയുന്നത് യഹൂദാ മതത്തിൽ നിന്ന് ക്രിസ്തുമാർഗത്തിലേക്ക് വന്നു വന്ന ചിലരെന്ത് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ മനസ്സുകൊണ്ട് മടങ്ങിപ്പോയി മടങ്ങിപ്പോയിട്ട് യഹൂദാ മതത്തിൽ നല്ല ചില കാര്യങ്ങളൊക്കെ നല്ലതെന്ന് അവർ വിചാരിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയാ അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് വിഛേദനക്കാർ വിച്ഛേദനക്കാർ എന്ന് പറഞ്ഞാൽ എന്താ പരിച്ഛേദന സർക്കംസിഷൻ യഹൂദാ മതത്തിൽ എന്തുണ്ടായിരുന്നു പരിച്ഛേദനയുണ്ടായിരുന്നു ഈ ഈ വിശ്വാസത്തിലേക്ക് വന്ന ഇവരിൽ ചിലർ പറഞ്ഞു നമുക്കെന്തോ വേണം നമുക്കും പരിഛേദന വേണമെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഒരു സത്യത്തിൽ എങ്ങോട്ട് മടങ്ങിപ്പോയി അവരെ ഹൃദയം കൊണ്ട് യഹൂദാ മതത്തിലേക്ക് മടങ്ങിപ്പോയിരിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണിവിടെ അപ്പം നോക്കുക പൗലോസ് ഫിലിപ്പയെ ചെന്ന് ഫിലിപ്പയെ ചെന്ന് സുവിശേഷം പ്രസംഗിച്ച് രണ്ടു തരം ആളുകൾ വന്നു ഒരു കൂട്ടരെ ജാതികളായി പിക്യൂരിയൻസ് അവരിൽ ചിലർ പിന്മാറ്റത്തിൽ പോയപ്പോൾ അവരെങ്ങോട്ട് തന്നെ പോയി അവർ അവരുടെ പഴയ അവരുടെ വയ അവരുടെ ദൈവം വയറ് ഈ ലോകത്തിലെ ആനന്ദം എന്ന് പറഞ്ഞു പോയി വേറെ ചിലർ യഹൂദാമതത്തിൽ നിന്ന് വന്നു അവർ ഹൃദയം കൊണ്ട് പിന്മാറിപ്പോയപ്പോൾ അവരെങ്ങോട്ട് പോയി അവർ ആ അവരുടെ യഹൂദാ മതത്തിൻ്റെ പാരമ്പര്യങ്ങളിലേക്ക് പോയി അവർ വിച്ഛേദനക്കാർ അവരെ പൗലോസ് വിളിക്കുകയാണ് അവരെ സൂക്ഷിച്ചോണം ആകാത്ത വേലക്കാരാണ് അവരെ സൂക്ഷിച്ചോണം വിച്ഛേദനക്കാരെ സൂക്ഷിച്ചോണം നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം പോരാ പരിച്ഛേദനയൂടെ എടുക്കണം സർക്കംസിഷനൂടെ പരിച്ഛേദന ചേലകർമ്മം കൂടെ അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞ് യഹൂദാമതത്തിൽ നിന്ന് വന്നവരെ അങ്ങനെ പറഞ്ഞ് നിങ്ങളെ കൊണ്ടുപോകാതെ നിങ്ങൾ സൂക്ഷിച്ചോണം എന്നിട്ട് പറയുന്നു നാമല്ലോ പരിച്ഛേദനക്കാർ എന്ന് പറഞ്ഞാൽ ഈ കാര്യം നേരത്തെ പൗരസ് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിലുള്ള പരിച്ഛേദന ഏത് പരിചേദനയാ ഹൃദയ പരിച്ഛേദനയെ അല്ലാതെ യഹൂദമതത്തിൽ കാണുന്നതുപോലെ പുറമേ ഉള്ള ഒര് അഗ്രചർമ്മഛദനമല്ല ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ് ഹൃദയത്തിൽ ആ ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള കാഠിന്യങ്ങളൊക്കെ എന്തു ചെയ്യണം ഛേദിച്ച് കളയണം അതാണ് യഥാർത്ഥത്തിലുള്ള പരിച്ഛേദന ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുന്നു നമ്മളാണ് യഥാർത്ഥ പരിച്ഛേദനക്കാർ യഥാർത്ഥ പരിച്ഛേദനക്കാർ പ്രിയപ്പെട്ടവരെ കണ്ടോ ഇവർക്ക് സംഭവിച്ചതെന്താ നമ്മുടെ പൗരത്വവും സ്വർഗത്തിലാകുന്നു എന്ന് ഫിലിപ്പിയനോട് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് അവരുടെ കൂട്ടത്തിൽ നിന്ന് ചിലർ വിട്ടുപോകുന്നതിലേക്ക് മടങ്ങിപ്പോയി ചിലര് യൂദാമതത്തിലേക്കും ചിലരെ എപ്പിക്യൂരിയൻ ചിന്തയിലേക്കും മടങ്ങിപ്പോയപ്പോൾ അവരെ അവരെ ആ പശ്ചാത്തലം പറഞ്ഞിട്ട് പൗലോസ് പറയുന്നു നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു കൊലോസിയർ കഴിഞ്ഞില്ല അതിന് മൂന്നാമധ്യേത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഈ ഒരു കാഴ്ചപ്പാട് അതായത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ മറ്റൊരു ലോകത്തിൻ്റെ ആളുകളായിട്ട് ജീവിക്കുന്നതിനെക്കുറിച്ച് പൗലോസ് ഒരു കാര്യം പറയുന്നുണ്ട് കൊലോസിയർക്കെഴുതിയിലെങ്ങനെ മൂന്നാമധ്യായം അതിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും പൗലോസ് ഇതെന്താ ഈ പറയുന്നത് കൊലോസിയർ മൂന്നിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് എന്താ പൗലോസ് പറയുന്നതിന് ഇങ്ങനെ വളരെ വേഗത്തിൽ പറയാം പൗലോസ് പറയുന്നത് കർത്താവായ യേശു മരിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ കർത്താവിനോടുകൂടെ മരിച്ചു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിൽ ഇപ്പോൾ ഇരിക്കുമ്പോൾ നമ്മളും എവിടെ ഇരിക്കുന്നത് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലായിരിക്കുന്നത് ഏ എന്നുവെച്ചാൽ ഹൃദയം കൊണ്ട് നമ്മൾ സ്വർഗത്തിലായിരിക്കുന്നത് നമ്മുടെ നടപ്പ് എവിടാണ് ഭൂമിയിലാണ് നമ്മൾ ഭൂമിയിലാണ് നടക്കുന്നത് പക്ഷേ നിങ്ങൾ എന്തോ ചെയ്യണം ഉയരത്തിലുള്ളത് കർത്താവ് ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ മറഞ്ഞിരിക്കുന്നു ഇനിയും ക്രിസ്തു രണ്ടാമത് വെളിപ്പെടുമ്പോൾ അന്നാണ് നമ്മൾ ശരിക്കും ഈ ലോകത്തിന് വെളിപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ ചിന്തകളിലേക്ക് അദ്ദേഹം പോവുക പക്ഷേ ഇവിടെ നിന്ന് നമുക്കെടുക്കേണ്ട ഒരു കാര്യം എന്താ നമ്മൾ ഈ ഭൂമിയിലാണെങ്കിലും ഭൂമിയിലുള്ളതല്ല ചിന്തിക്കേണ്ടത് ഉയരത്തിലുള്ളത് പ്രിയപ്പെട്ടവർ ഇതൊക്കെ നമുക്കൊരു തത്വം പോലെ പറയാം പക്ഷേ പക്ഷേ നമ്മൾ അങ്ങനെ നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ ഭൂമിയിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടത് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ വളർത്തണം അവരെ എന്നാൽ ഭൂമിയിൽ ഇത് സ്വർഗ്ഗത്തിലുള്ള ചിന്തിച്ചതെന്നും പറഞ്ഞ് പിള്ളേരെ സ്കൂളിൽ ചേർക്കാതെ ജോലിക്ക് പോകാതെ ഇവിടെ ഇരിക്കണമെന്നാണോ ഇതിൻ്റെ അർത്ഥം അല്ല അല്ല അല്ല നമ്മളിവിടെ ഭൂമിയിലായിരിക്കുമ്പോൾ ഭൂമിയിൽ വേണ്ട അത്യാവശ്യം ജീവിച്ചിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം ഒരു ജോലിയുണ്ട് ജോലിക്ക് പോകണം കുഞ്ഞുങ്ങളെ വീടണം അവരുടെ കല്യാണം നടത്തണം ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ എന്ത് വേണം ഒരു പെർമനൻ്റായ വീട് വാങ്ങിക്കണം സൈക്കിളേ നടക്കുന്ന ആൾ പറ്റുമെങ്കിൽ ഒരു സ്കൂട്ടർ വാങ്ങിക്കണം സ്കൂട്ടർ കഴിഞ്ഞിട്ട് ഒക്കുകയാണെങ്കിൽ ഒരു കാറ് വാങ്ങിക്കണം എല്ലാം വേണം വേണം വേണം പക്ഷേ ഇതിലൊക്കെ ചിന്തി നടക്കുമ്പോഴും എന്തോ ചിന്തിച്ചോണം ഞാനീ നാട്ടുകാരനല്ല എന്ന് കൂടെ കൂടെ പറഞ്ഞോണം ഇതൊന്നും എൻ്റേതല്ല ഇതൊരു ഒരു എന്താ ഒരു പ്രവാസിയുടെ മനോഭാവം ജീവിതത്തെ പുലർത്തുന്നത് അതർ വേൾഡിൽ ഞാനീ ഇവിടുത്തുകാരനല്ല മറ്റൊരു ലോകക്കാരനാണ് നമുക്ക് ആ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ കാര്യങ്ങളിലൂടെ പറയുന്നത് നമ്മളിവിടെ ജീവിക്കുന്നെങ്കിലും നമ്മുടെ നമ്മുടെ ചിന്തകൾ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ ദൈവീകമായിരിക്കണം സ്വർഗോന്മുഖമായിരിക്കണം ഇതിലേക്ക് പെട്ടെന്നൊരു നിമിഷത്തേ നമ്മൾ വരികയില്ല എങ്കിലും നമ്മൾ നിരന്തരം ഇത് അവരെ പോലെ ഏറ്റു പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ ഫോറിനേഴ്സും റെഫ്യൂജീസുമാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് സ്വർഗീയമായതിലേക്ക് കൂടുതൽ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏതിനോട് കൂടുതലെടുക്കും സ്വർഗീയമായതിനോട് കൂടുതലെടുക്കും ഇവിടെ ഉള്ള പല കാര്യങ്ങളോടും നമ്മൾ ഇവിടെ വെച്ച് തന്നെ ഒരു വേർപാടാണ് ആന്തരികമായ ഒരു വേർപാട് ആന്തരികമായ ഒരു വേർപാട് ചിലപ്പം ചില നമ്മൾ ചില കാര്യങ്ങൾ ഇടപെടുന്നത് കാണുമ്പോൾ ചിലത് ഇത് താങ്കളുടേതല്ലേ നമ്മൾ സത്യത്തിൽ എന്താ അവരോട് പറയുന്നത് നമ്മൾ പറഞ്ഞ് ഇത് ആണ് പക്ഷേ നമ്മുടേതല്ല ഏ ഇതൊക്കെ നമ്മുടേതാണ് പക്ഷേ നമ്മുടേതല്ല നമ്മുടേതല്ല ഇങ്ങനെയുള്ള ഒരു ആന്തരികമായി ഈ വസ്തുവകകളോടും നമുക്കുള്ള പ്രൊസഷൻസിനോടും നമുക്കിവിടെ കിട്ടുന്ന അംഗീകാരങ്ങളോടും നിരന്തരം നിരന്തരം നിരന്തരം ഈ ഒരു മനോഭാവം സൂക്ഷിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ ചുരുക്കം പ്രിയപ്പെട്ടവരെ ഇതൊക്കെ പറയാൻ എളുപ്പമാണ് നമ്മ ഒരു സൗകര്യം പ്രാർത്ഥിച്ചപ്പം പ്രാർത്ഥിച്ച പോലെ കർത്താവ് വചനം കേൾക്കാൻ എളുപ്പമാ അത് ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് പ്രയാസമാണെന്നൊരു സൗകര്യം പ്രാർത്ഥിച്ചു ശരിയല്ലേ ഈ പറയുന്ന എനിക്ക് വളരെ എളുപ്പമാണ് പ്രസംഗിക്കാം കേട്ടിരിക്കുന്നത് നിങ്ങൾക്കും വളരെ എളുപ്പമാണ് കേട്ടിരിക്കുക പക്ഷേ നമ്മൾ ഇത് തന്നെ ദൈവം എന്തോ ചെയ്യും ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യും ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യും അന്നേരമാണ് നമ്മൾ ശരിക്കും അങ്ങനെയൊക്കെ തന്നെയാണോ അയ്യോ അങ്ങനെ എന്നൊക്കെ ഞെട്ടലോടെ നമ്മൾ തിരിച്ചറിയുന്നത് കോട്ടെ അന്നേരവും നമ്മൾ വിഷമിച്ചു പോകേണ്ട ദൈവം നമ്മളെ ഇതിൽ നിന്ന് വിടുവിക്കാനായിട്ട് ദൈവം അനുവദിക്കുന്ന സാഹചര്യങ്ങളായിട്ട് അതിനെ മനസ്സിലാക്കി ദൈവത്തോട് ചേർന്ന് നിന്നാൽ മതി അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് പോകാം അടുത്ത വാക്യം എന്താ പറയുന്നത് പതിമൂന്നിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല വരുവാനുള്ളത് അത്രയും നാം അന്വേഷിക്കരുത് അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റു പറയുന്ന അധരഫലം എന്ന സ്ത്രോത്രയാകും ഇടവിടാതെ ഇടവിടാതെ അർപ്പിക്കുക കണ്ടോ പതിനഞ്ചാമത്തെ വാക്യം എന്താ പറയുന്നത് പതിനഞ്ചാമത്തെ വാക്യത്തിൽ വന്നപ്പം യാഗത്തെക്കുറിച്ചും ആ യാഗം നിരന്തരം നടത്തേണ്ടതിനെക്കുറിച്ചും ഈ വക യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നതെന്ന് പതിനാറിലും ഒക്കെ നമ്മൾ കാണുന്നു കണ്ടോ നമ്മളിവിടെ പറയുമ്പോൾ നേരത്തെ നേരത്തെ അതിൻ്റെ അതിൻ്റെ ഒമ്പത് പത്ത് പതിനൊന്ന് വാക്യങ്ങളിലൊക്കെ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ആ വാക്യങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഈ പതിനഞ്ച് കാണുന്നത് ഒമ്പത് പത്ത് പതിനൊന്നൊക്കെ എന്താണ് പറഞ്ഞത് അവിടെ ഒരു യാഗത്തെക്കുറിച്ചും ദേവാലയത്തിലെ യാഗങ്ങളെക്കുറിച്ചും കൂടാരത്തെ ശുശ്രൂഷിക്കുന്നതിനെ ഇതിനെക്കുറിച്ചും മഹാപുരോഹിതൻ പാവപരിഹാര ദിവസം അവിടെ കൊണ്ടുവന്ന് രക്തം വിശുദ്ധ മന്ദിരത്തിലും പാളയത്തിന് പുറത്ത് ഉടൽ ചുട്ടുകളയുന്നതിനെക്കുറിച്ചും ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ പറഞ്ഞുകൊണ്ട് വന്ന കാര്യങ്ങളോട് ചേർത്ത് ഇവിടെ ഇതാ പതിനഞ്ചാമത്തെ വാക്യം പറയുക നമ്മളെന്തോ ചെയ്യണം നമ്മൾ ഒരു യാഗം ഒരു ദേവാലയം ഇതിലേക്ക് ചെല്ലുക പതിനഞ്ചാമത്തെ വാക്യം നമ്മളിവിടെ നിലനിൽക്കുന്ന നഗരമില്ല എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ പക്ഷേ നമ്മളിവിടെ എന്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കണം നമ്മളിതാ ഒരു സഭയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ നിലയിൽ പിതൃദേശം അന്വേഷിക്കുന്നവരുടെ ഒരു കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നതിനെക്കുറിച്ചാണ് പതിനഞ്ചും പതിനാറ് വാക്യങ്ങൾ പറയും ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ നമ്മൾ പതിനാലാം വാക്യത്തിൽ നമ്മൾ ഈ നാട്ടുകാരല്ല എന്ന് പറഞ്ഞു പതിനഞ്ച് പതിനാറ് വാക്യത്തിലേക്ക് വരുമ്പം അങ്ങനെയുള്ളവർ ചേർന്നുള്ള ഒരു കൂട്ടായ്മയുടെ ചിത്രമാണ് നമ്മൾ കാണുന്നത് അവിടെ എന്താ കാണുന്നത് അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റു പറയുന്ന അധരഫലം എന്ന സ്ത്രോത്രയാകം ഇടവിടാതെ അർപ്പിക്കുക യാഗമെന്ന് പറയുമ്പോൾ അത് ഏതിനെ കാണിക്കുന്നു യഹൂദൻ്റെ ദേവാലയ ദേവാലയത്തെ കാണിക്കുന്നു ആ ദേവാലയത്തിൻ്റെ പുതിയ നിയമ പതിപ്പാണ് ഇന്നേത് സഭ അപ്പം നമ്മളിവിടെ ഒറ്റയൊറ്റ വിശുദ്ധരായിട്ടല്ല പിതൃദേശം അന്വേഷിക്കുന്ന ഒറ്റയൊറ്റ ആളുകളായിട്ടല്ല നമ്മൾ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതും മറിച്ച് എന്ത് വേണം നമ്മൾ അങ്ങനെയുള്ള ഒരു കൂട്ടമായിട്ട് നിൽക്കണം അവിടെ നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി കണ്ടെത്തണം എന്നുള്ളതാണ് പറയുന്നത് അവിടെ അവിടെ ആ അങ്ങനെ അവിടെ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നു ഒന്ന് അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക സ്തോത്രം എന്ന് പറയുമ്പോൾ എന്താണ് പ്രൈസാണ് പ്രൈസാണ് സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക എങ്ങനെ എന്തോ ഈ സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മളെന്ത് വേണം ദൈവത്തെ പ്രൈസ് ചെയ്യണം ദൈവത്തിന് നന്ദി ചില ആളുകൾ ഈ സ്തോത്രം അക്ഷരാർത്ഥത്തിൽ അങ്ങ് എടുത്തൊരു ഒരു പ്രയോഗം പോലെ അങ്ങ് ആക്കിയിട്ടുണ്ടല്ലോ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു സ്തോത്രം അവരുദ്ദേശിക്കാതെ അങ്ങ് പറയുക ഏഹ് നമ്മളതൊരു നല്ല അർത്ഥത്തിൽ എന്ത് വേണം നമ്മൾ എപ്പോഴും സ്തോത്രയാഗം അർപ്പിക്കുന്നവരായിരിക്കണം സ്തോത്രയാഗമെന്നാണ് പറഞ്ഞേക്കുന്നത് സ്ത്രോത്രമെന്നല്ല യാഗമെന്ന് പറയുമ്പോൾ എന്താ യാഗമെന്ന് പറയുന്നിടത്ത് എപ്പോഴും ഒരു വേദനയുണ്ട് വേദനയുണ്ട് വേദനയുണ്ട് ഒരു അറുക്കപ്പെടുന്ന ഒരു യാഗമൃഗം വേദനയറിഞ്ഞ് രക്തം ചിന്തിയാണ് മരിക്കുന്നത് ഇവിടെ നമ്മൾ സ്തോത്രം അർപ്പിക്കുമ്പോൾ അതൊരു യാഗമായിരിക്കണമെന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് സ്വാഭാവികമായിട്ട് സ്വീകരിപ്പാൻ പ്രയാസമുള്ളതായിരിക്കും സ്വാഭാവികമായിട്ട് നമുക്ക് വേദനയുള്ളതായിരിക്കും പക്ഷെ അങ്ങനെയുള്ളതിനും നമ്മളെന്തു പറയണം ദൈവമാണ് ഇത് അനുവദിച്ചത് ദൈവത്തിന് നന്ദി എന്ന് പറയുമ്പം അതൊരു യാഗാർപ്പണമാണ് അവിടെ നമ്മളൊരു വേദന അറിയുക പ്രിയപ്പെട്ടവർ ഇങ്ങനെയാണോ നമ്മൾ സ്തോത്രം പറയുന്നത് പലപ്പോഴും നമ്മൾ യാന്ത്രിയമായിട്ടങ്ങ് സ്തോത്രം പറയുക എന്നാൽ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നിരന്തരം ദൈവത്തിന് എന്ത് പറയണം സ്തോത്രം ഇതൊരു ആറ്റിറ്റ്യൂഡാണ് ഒരു മനോഭാവമാണ് ഇതെല്ലാം വെളിയിൽ കാണുന്നതല്ല ആന്തരികമായിട്ടാണ് ഉള്ളിൽ നമ്മൾ ദൈവമേ ദൈവമേ നീ ആണ് എനിക്കിത് അനുവദിച്ചത് എന്നുള്ള നിലയിൽ ഇതിൻ്റെ അകത്ത് നിനക്കൊരു പദ്ധതിയുണ്ട് എന്നുള്ള നിലയിൽ നമ്മൾ അതിന് ദൈവത്തിന് നന്ദി പറയണം പക്ഷേ നന്ദി പറയുന്നത് എളുപ്പമാണോ അല്ല യാഗമാണത് യാഗമാണ് സ്തോത്ര യാഗമാണ് യാഗത്തിൽ എപ്പോഴും ഒരു വേദനയുണ്ട് ചിലവില്ലാതെ ഒരാൾക്ക് ഒരു യാഗം നടത്താൻ ഒക്കുകയില്ല സ്തോത്രം പലപ്പോഴും നമ്മളൊരു സ്തുതി പോലാണ് സ്തോത്രം പറയുന്നത് എന്നാൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നമ്മളെന്തായിരിക്കും അതൊരു യാഗാർപ്പണമായിരിക്കും അങ്ങനെ ഒരു യാഗാർപ്പണം നടത്തുന്നതിനെക്കുറിച്ചാണ് ഒന്ന് പറയുന്നത് സ്തോത്രയാഗം അർപ്പിക്കുക സ്തോത്രയാഗം ഏ ഇതിനെ സ്തോത്രത്തെ ഒരു യാഗത്തോട് ചേർത്ത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഹോഷിയയുടെ പുസ്തകം പഴയ നിയമത്തിലെ എസ് കെൽ ദാനിയേൽ ഹോഷിയ ഹോഷിയയുടെ പുസ്തകം പതിനാലാമത്തെ അധ്യായത്തിൽ ഇതിൻ്റെ ഒരു സൂചന കാണുന്നുണ്ട് പതിനാലിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൻ്റെ അവസാനം എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ആധരാർപ്പണമായ കാളകളെ അർപ്പിക്കും പഴയ ബൈബിളിൽ എണ്ണൂറ്റി അറുപത്തി മൂന്നാമത്തെ പേജാണ് ഹോഷിയായുടെ പുസ്തകം പതിനാലിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൻ്റെ അവസാനം സകല അകൃത്യങ്ങളെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ എന്നാൽ ഞങ്ങളുടെ ആധരാർപ്പണം ആധരാർപ്പണം എന്ന് വെച്ചാൽ എന്താ ആധരമെന്ന് വെച്ചാൽ നമ്മുടെ ചുണ്ട് അധരത്തിൻ്റെ അർപ്പണം ചുണ്ടുകൊണ്ട് വായികൊണ്ട് പറയുന്ന സ്തോത്രം അധരാർപ്പണമായ അതിനെ ഒരു കാളയോടാണ് ചേർത്ത് പറഞ്ഞു കാളയെന്താ യാഗമാ യാഗമാ അധരഫലമെന്ന സ്തോത്ര യാഗമെന്ന് എബ്രാഹിം ലഹനായം പറയുമ്പം ഈ ഹോഷിയയുടെ പുസ്തകത്തിൽ അതെന്ത് പറയുന്നു അധരാർപ്പണം അതിനെ ഒരു കാള കാളയെന്തിനു വേണ്ടിയാ യാഗമർപ്പിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നോക്കുക ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നമ്മളെന്തു വേണം ദൈവസന്നിധിയിൽ ഒരു അർപ്പണം നമുക്ക് ഉണ്ടാകണം ഒരു നന്ദി പറച്ചിൽ നമുക്കുണ്ടാകണം ഈ നന്ദി പറച്ചിൽ സ്വാഭാവികമായിട്ട് എളുപ്പമല്ല പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ദൈവത്തിനാണ് ദൈവം അത് ചെയ്തോളും ദൈവം അറിയാതൊന്നും സംഭവിക്കുന്നില്ല ദൈവം ആത്യന്തികമായിട്ട് എനിക്ക് നന്മയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന ഉറപ്പുണ്ടെങ്കിലേ നമുക്കതിനെല്ലാം അത് ഈ സ്ത്രോത്രയാഗമർപ്പിക്കാൻ ആധരാർപ്പണമാകുന്ന കാളകളെ അർപ്പിക്കാൻ നമുക്ക് കഴിയുള്ളൂ അപ്പൊ കണ്ടോ ഈ സഭയിൽ ഒന്ന് സ്തോത്രയാഗമുണ്ട് രണ്ട് എന്തുണ്ട് രണ്ട് നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത് ഒന്ന് സ്തോത്രയാഗം അർപ്പിക്കണം രണ്ട് നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത് ഈ നന്മ ചെയ്യുന്നതും കൂട്ടായ്മ കാണിക്കുന്നതും ആരോടാ കൂടെ സഭയിൽ ദൈവം നമുക്ക് കൂട്ടായ്മയ്ക്കായിട്ട് തന്നിരിക്കുന്ന ആളുകളോടാണ് നമ്മൾ നന്മ ചെയ്യേണ്ടതും കൂട്ടായ്മ കാണിക്കേണ്ടതും പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്ന് ദൈവത്തിന് നന്ദി പറയണം മത്തൈ എഴുതി സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം നോക്കുക ദൈവത്തോടാണ് നമ്മൾ ഒന്നാമത് ഒന്നാമത് ആൻസറബിളായിരിക്കേണ്ടത് ഇരുപത്തി രണ്ടിൻ്റെ ഇരുപത്തെയും ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തിയേഴ് മുപ്പത്തിയേഴ് ഇരുപത്തിരണ്ടിൻ്റെ പത്തായി ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തേഴ് യേശു അവനോട് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഒന്നാമത് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് ദൈവത്തോടെ അതുകൊണ്ടാണ് ആധരാ അധരാർപ്പണമെന്ന കാളകൾ അല്ലെങ്കിൽ സ്തോത്രയാഗം അതിനെക്കുറിച്ച് പറയുന്നത് ദൈവത്തോട് നന്ദിയുള്ളവനും സ്നേഹമുള്ളവനുമായിരിക്കണം രണ്ടോ അതിൻ്റെ മുപ്പത്തി ഒമ്പതാമത്തെ ബാക്കി മുപ്പത്തായി ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്തൊൻപത് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ദൈവത്തെ സ്നേഹിക്കണം അതുപോലെ തന്നെ കൂട്ടുകാരനെ രണ്ടാമത് നമ്മൾ ആരോട് ആരോട് ബന്ധപ്പെട്ടിരിക്കണം നമുക്ക് ദൈവം കൂട്ടിനും കൂട്ടായ്മയ്ക്കും തന്നിരിക്കുന്ന ആളുകളോട് ബന്ധപ്പെട്ടിരിക്കണം നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ കുരിശിനെന്തുണ്ട് കുരിശിനെ രണ്ട് തടിയുണ്ട് മേലുകീഴുള്ള തടി എന്ത് കാണിക്കുന്നു നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്നു എന്നാൽ തിരച്ചീനമായ ഒരു തടിയുണ്ട് ആ തടി എന്ത് കാണിക്കുന്നു അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന ആളുകളുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തുന്നു കണ്ടോ ഇവിടെ എബ്രായർ പതിമൂന്നിൻ്റെ പതിമൂന്നിൽ പതിമൂന്നിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് നമ്മൾ ദൈവം പ്രസാദിക്കുന്ന യാഗം ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് രണ്ട് യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു ഒന്നെന്താ ആദരഫലം എന്ന സ്ത്രോത്രയാകും ദൈവത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് രണ്ട് നന്മയുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത് സഹോദരവർഗത്തോടുള്ള ആ ഒരു ബന്ധം ആ ഒരു ബന്ധം ദൈവത്തെ സ്നേഹിക്കുക കൂട്ടുകാരെ സ്നേഹിക്കുക യോഹന്നൻ്റെ സുവിശേഷത്തിലെ കർത്താവ് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് യോഹന്നൻ്റെ സുവിശേഷം പതിനഞ്ചാമധ്യായത്തിലേക്ക് വരുമ്പോൾ പതിനഞ്ചാമത്തെ അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം നോക്കുക പന്ത്രണ്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്ന പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം അന്യോന്യമുള്ള സ്നേഹം കൂട്ടായ്മ കാണിക്കുക അന്യോന്യം കടപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ച് അവിടെ പറയും ഗലാത്തിയർ ലേഖനത്തിൽ ഗലാത്തിയർ കെഴുതി ആറാം അധ്യായത്തിൽ ഇതേ കാര്യം തന്നെ നമ്മൾ കാണുന്നുണ്ട് കൂട്ടായ്മ കാണിക്കുന്നതിനെക്കുറിച്ച് ഗലാത്തിയർ ആറാമധ്യായം അതിന്റെ പത്താമത്തെ വാക്യം നോ കണ്ടോ ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക നാം എന്തുവേണം നാം സഹവിശ്വാസികൾക്ക് കൂടെ ഉള്ളവർക്ക് ഇവിടെ നമ്മൾ തിരിച്ച് എബ്രായർ പതിമൂന്നിന്റെ പതിനഞ്ച് പതിനാറിലേക്ക് വരുമ്പോ ഈ വകയാകത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് ദൈവം പ്രസാദിക്കുന്ന രണ്ട് യാഗങ്ങളെക്കുറിച്ച് പറയുന്നു ഒന്ന് സ്ത്രോത്രയാഗം മറിച്ച് എന്താ നന്മ ചെയ്യാനും കൂട്ടായ്മ കാണിക്കാനും നന്മ ചെയ്യുന്നതും കൂട്ടായ്മ കാണിക്കുന്നതിലും എന്തുണ്ട് വേദനയുണ്ട് വേദനയുണ്ട് നമുക്കുള്ള ഒരു കാര്യം മറ്റൊരാളുമായിട്ട് പങ്കിടുമ്പോൾ അവിടെ എന്തുണ്ട് അവിടെ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്വാർത്ഥത ഒത്തിരി കുറയും നമ്മളത് ആളിനുമായിട്ട് പങ്കുവെക്കുമ്പോൾ അവിടെയും അതും ഒരു അർപ്പണമാണ് ഒരു യാഗാർപ്പണമാണ് നന്മ ചെയ്യുന്നത് കൂട്ടായ്മ കാണിക്കുന്നത് അവിടെയും ആ ഒരു യാഗാർപ്പണമാണ് പ്രിയപ്പെട്ടവരെ ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് എന്ന് നമ്മൾ കാണുന്നു നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം നമ്മളിന്ന് ചിന്തിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല വരുവാനുള്ള നഗരം വരുവാനുള്ള നഗരം ആ വരുവാനുള്ള നഗരത്തിൻ്റെ ആളുകളായിട്ട് ഈ ലോകത്തായിരിക്കുക അന്യരും പരദേശികളുമായിട്ട് ഫോറിനേഴ്സ് റെഫ്യൂജീസുമായിട്ട് വിശ്വാസവീരന്മാർ ജീവിച്ചു നമ്മളെയും അങ്ങനെ ജീവിക്കാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത് അത് എളുപ്പമല്ല എന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ നിരന്തരം നമ്മൾ ആ ഏറ്റുപറച്ചിലോടം നിൽക്കുമ്പോൾ അത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൂടുതൽ യാഥാർത്ഥ്യമായി വരും എന്നാണ് പറഞ്ഞു അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകളെ ഒറ്റയ്ക്ക് അങ്ങ് വിട്ടുകളയല്ല അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടത്തെക്കുറിച്ചാണ് പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് കണ്ടോ അവരെന്തു വേണം ആ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് കമ്മിറ്റഡ് ആയിരിക്കണം ജീവിതത്തിൽ സംഭവിക്കുന്നതിനെല്ലാം ദൈവത്തിന് നന്ദി പറഞ്ഞ് നന്ദിയുള്ള ഒരു ഹൃദയ സൂക്ഷിച്ച് അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിച്ചു കൊണ്ടായിരിക്കണം അതുപോലെ തന്നെ സഹോദരവർഗത്തിന് നമ്മുടെ കൂടെ അപ്പുറവും ഇപ്പുറവും തന്നിട്ടുള്ളവരുമായിട്ട് ഉള്ള കൂട്ടായ്മ നമ്മൾ ഒരാളുമായിട്ടൊരു കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ തന്നെ നമ്മുടെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഒത്തിരി സ്വാർത്ഥതകളും നമ്മളെക്കുറിച്ചുള്ള വലിയ ഭാവങ്ങളും കുറഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കെയുള്ളൂ മറ്റൊരാളെ നമ്മുടെ സ്നേഹിതനായിട്ടും കൂട്ടുകാരനായിട്ടും യേശു അവിടെ പറഞ്ഞു നിന്നെപ്പോലെ നിൻ്റെ കൂട്ടുകാരനെ അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സ്വാർത്ഥതയിൽ നിന്ന് നമുക്കൊത്തിരി മാറിയാലേ പറ്റുകയുള്ളൂ കണ്ടോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്തായി തീർന്നു ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ളതായിത്തീർന്നു ഈ വകയാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുക ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ എസൻസ് ഇത് മനസ്സിലാകാതെ ചുമ്മാത കുറേ സ്തോത്രം പറഞ്ഞു അല്ലെ അടുത്തിരിക്കുന്ന ആളുമായിട്ട് യാതൊരു ബന്ധവും അയാളുമായിട്ട് പിണക്കും അസൂയയിലുമാണ് ഇരിക്കുന്നത് പക്ഷേ അടുത്തടുത്ത കസേരയിൽ ഇരിക്കുന്നു ഒടുവി ചുമ്മാതൊരു ഷയ്ക്കാൻ്റെ കൊടുത്ത് പോയാൽ ഇതിൻ്റെ സ്പിരിറ്റില്ല ദൈവത്തെ കളിപ്പിക്കാനൊക്കുകയില്ല ദൈവത്തെ കളിപ്പിക്കാനൊക്കുക അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മളെ ദൈവം ഒന്നിച്ചാക്കിയിരിക്കുമ്പോൾ നമ്മളെന്ത് വേണം ഇതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളണം നമ്മുടെ ജീവിതത്തിൽ കാരണം ദൈവത്തെ നമുക്ക് കബളിപ്പിക്കാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ നല്ല ദൈവം പക്ഷെ അങ്ങനെ വരാൻ അങ്ങനെ വരാൻ കൂട്ടുകാരനെ അംഗീകരിക്കാൻ നമ്മളെക്കാൾ വ്യത്യസ്തരായ ആളുകളെ ആയിരിക്കും ദൈവം എപ്പോഴും നമുക്ക് കൂട്ടിന്ന് തരുന്നത് കുടുംബജീവിതം നോക്കുക നമ്മേക്കാൾ വ്യത്യസ്തരായ ഒരാളെ ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരാളെ ആയിരിക്കും ദൈവം എന്ത് തരിക കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു ദൈവം എവിടെ നിന്ന് ഈ പാർട്ടികളെയൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു നമ്മൾ കിഴക്കോട്ട് പോകുക അന്ന് പടിഞ്ഞാട്ട് പോകുന്ന ഒരാളെയാണ് നമ്മുടെ തരുന്നത് ഇല്ലേ ഇല്ലേ മിക്കവരും ഞാനൊരു ഒത്തിരി കല്യാണങ്ങളിൽ നടത്തുമ്പോഴും ഒത്തിരി പേരെ കാണുമ്പോഴും ഒത്തിരി പേരെ പരിചയപ്പെടുമ്പോഴും ഭർത്താവ് ഭയങ്കര വളരെ ശാന്തനും വായി വിരലിട്ടാലും കഴിക്കാത്ത ഒരാളും സൗര്യവും സൗകര്യം പെട്ടെന്ന് ഭർത്താവ് പറയും പക്ഷേ ഈ ഇവരെ രണ്ടുപേരെയും കൂടെ യോജിപ്പിച്ചുകൊണ്ടല്ലയോ ഈ കുടുംബം നന്നായിട്ട് പോകുന്നത് ദൈവം ഒരു മാസ്റ്റർ പ്ലാനറാണ് എങ്ങനെ ഇവർക്കെല്ലാം പറ്റിയ ആളുകളെ കൊടുക്കുന്നു കുടുംബജീവിതം അതിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ് സഭാജീവിതം സഭയിൽ നമുക്ക് നമ്മളിൽ നിന്ന് വ്യത്യസ്തരായ ആളുകളെ ദൈവം കൂട്ടിച്ചേർത്തത് എന്തിനാത് നമുക്ക് താല്പര്യം എന്താണ് നമ്മളെപ്പോലെയുള്ള ആളുകളെ എല്ലാവരും നമ്മളെ പോലെയുള്ള ആളുകളാണെങ്കിൽ അത് അതെന്തല്ല അത് സഭയല്ല അത് ക്ലബാ ക്ലബ്ബാ ക്ലബിലെന്താണ് ക്ലബിൽ ഒരേ പോലെയുള്ളവർ ഒരേ സ്റ്റാറ്റസുള്ള ആളുകൾ ഒരേ രീതിയുള്ള ആളുകൾ എല്ലാവരും കണ്ടിട്ടില്ലേ ലയൻസ് ക്ലബ്ബ് റോട്ടറി ക്ലബ്ബ് അവിടെയൊക്കെ നമ്മൾ നാളെ റോട്ടറി ക്ലബ്ബിൽ അങ്ങ് വാങ്ങാമെന്ന് പറഞ്ഞ് നമ്മൾ രണ്ടുപേരും കൂടെ നാളെ പോയാൽ നമ്മളെ എന്ത് ചെയ്യുകയില്ല അവിടെ കേട്ടുകേല അവർ പല കാര്യങ്ങൾ ചോദിക്കുക നിങ്ങളുടെ ജോലി എന്താണ് നിങ്ങൾക്ക് എന്തോ വരുമാനമുണ്ട് നിങ്ങളുടെ കാർ ഏത് മോഡലാണ് നിങ്ങളുടെ ഏത് ഇതെന്നൊക്കെ ചോദിക്കും കാര്യം അവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ആളുകളാണ് ആ ക്ലബിൽ അങ്ങ് വാങ്ങണമെങ്കിൽ ആ മട്ടിലായിരിക്കാം എന്നാൽ സഫയിലോ സഫയെ നോക്ക് അക്ഷരാഭ്യാസം ഇല്ലാത്ത ആൾ മുതൽ പി ഉള്ള ആൾ വരെ ഇരിക്കുക വ്യത്യസ്തരായ ആളുകൾ ലോക സഭ പോലൊരത്ഭുതമുണ്ടോ സത്യത്തിൽ സത്യത്തിൽ സഭയെന്ന് പറയുന്നത് എന്തോരത്ഭുതമാണ് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുന്നു ആ സഭ ആ സഭയിൽ നമ്മൾ യഥാർത്ഥത്തിൽ അതിൻ്റെ സ്പിരിറ്റ് അറിഞ്ഞ് ജീവിക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം നമുക്ക് ആളുമായിട്ട് ആ നിലയിൽ അടുപ്പമുണ്ടാകണമെങ്കിൽ നമ്മുടെ ഒത്തിരി വലിയ ഭാവങ്ങൾ മാറ്റിവെച്ചാലേ പറ്റുള്ളൂ നമ്മൾ പലർക്കു വേണ്ടി അങ്ങനെ ഒരാൾ ഒരു നല്ല പൗരനാകണമെങ്കിൽ സത്യത്തെ സഭയിൽ അംഗമായാൽ മതി അല്ലേ ഒരു സർക്കാർ ഇത് അറിയുന്നില്ല അല്ലെങ്കിൽ അവർ ഓർഡർ പുറപ്പെടുവിച്ച എല്ലാവരും പോയി നല്ലൊരു സഭയിൽ അംഗമായിട്ട് കാര്യം ഒരു നോക്കുക ദൈവത്തോടെ ദൈവത്തോട് സ്നേഹം കൂടുള്ളവരോട് സ്നേഹം ഇങ്ങനെ ഒരു ഉത്തമരായ പൗരന്മാരാക്കി മാറ്റുന്ന ഒരു കാര്യം കൂടി ഇതിൻ്റെ അകത്തെല്ലാം നടക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പെട്ടവരെ ദൈവം നമുക്ക് നമുക്ക് ഈ ഈ കാര്യത്തിൻ്റെ ഒക്കെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം നമ്മളിതിനായിട്ട് ഹൃദയം കൊടുക്കുമ്പോൾ നമുക്കറിയാം എളുപ്പമല്ല എളുപ്പമല്ല മറ്റൊരാളെ സ്നേഹിക്കുന്ന വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ആൾ നമ്മൾ ചക്ക എന്ന് പറയുമ്പോൾ കൊക്കം എന്ന് പറയുന്ന ഒരാൾ ആളുമായിട്ടാണ് നമ്മുടെ ബന്ധം ആ പക്ഷെ അവിടെ നമ്മുടെ അവിടെ മുന്നോട്ട് പോകാൻ നമ്മളൊരു വില കൊടുക്കണം വിലയില്ലാതെ ഒരു കൂട്ടായ്മയും പണിയപ്പെടുകയില്ല ഇന്ന് വിലയില്ലാതെ ഒത്തിരി കൂട്ടായ്മകൾ പണിയപ്പെടുന്നു ഫെലോഷിപ്പെന്ന് പറയും പക്ഷേ അതല്ല ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫെലോഷിപ്പ് ആ നിലയിൽ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നവരായിട്ട് ദൈവത്തോട് ഇടപാടുകളുള്ളവരായിട്ടും സഹോദരവൃന്ദത്തോട് ഇടപാടുകളുള്ളവരായിട്ടും നമുക്കായിരിക്കാം